پردی بوتھا ویدی دم مطم ممڈر تتم ہی وینت دی آتما نا وینت دی ویرم ایجی آ وینت دی مردن അതാണ് ഇവിടെ പ്രധാനമായിട്ട് വ്യാഖ്യാനിച്ചത് ഭാഷകാരൻ ഇത് പലതരത്തിനും വ്യാഖ്യാനിക്കാം ഭാഷകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന മനസ്സിലാവുന്നതിനു മുമ്പ് പലരും ഇത് പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷെ വിധാം വ്യാഖ്യാതെയർത്ഥോ അസ്മാതിന്റെ അർത്ഥം ഞാൻ വ്യാഖ്യാനിച്ച തരത്തിൽ തന്നെയാണ് പ്രതിബോധം ഭാഷകാരൻ എന്താണ് പറഞ്ഞത് സർവപ്രത്യദർശി ചിത് ശക്തി സ്വരൂപ സർവപ്രത്യ സർവപ്രത്യേക പ്രത്യേകാത്മാ ഇത്തരത്തിലൊക്കെയാണ് വ്യാഖ്യാനിച്ചത് അതാണ് പ്രതിബോധം സർവ പ്രത്യേകങ്ങളുടെയും സർവബോധത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നത് സർവ പ്രത്യേക പ്രത്യേകാത്മ എന്ന് തന്നെ വ്യാഖ്യാനിക്കും ഭാഷകാരൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചതിന് ശേഷവും പലരും ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അവരും അവരവരുടെ കൽപ്പന അനുസരിച്ച് അവരവരുടെ സിദ്ധാന്തമനുസരിച്ച് വ്യാഖ്യാനിച്ചു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊന്നും ശരിയല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാകുന്നു ഇവിടെ പല പക്ഷങ്ങളും ചേർച്ച ചെയ്തു സ്വന്തം സിദ്ധാന്തം പറഞ്ഞതിന് ശേഷം ർക്കികന്മാരുടെ അഭിപ്രായം പറഞ്ഞു നൈയായികന്മാരുടെ കാണാതന്മാരുടെയൊക്കെ അഭിപ്രായം പറഞ്ഞു അതൊന്നും ശരിയല്ല ഇനിയും ഇത് പലതരത്തിലും മേഖാനിക്കാം അതടുത്ത് പറയുന്ന ഈ പുനഃ സമ്മേദ്യത പ്രതിബോധവിധിതം വ്യത്യസ്ത വാക്യസ് അർത്ഥവും വർണ്ണിയതേ പ്രതിബോധവിദിതം വിജിതോന്ന് വരുമ്പോ അറിയപ്പെട്ടതെന്ന് വരും വരും അപ്പൊ അറിവ് സുസംവേദ്യമാണ് അറിവ് സ്വയം അറിയപ്പെടുന്നതാണ് അറിവിനറിയാൻ കഴിയും എന്നുള്ള തരത്തിൽ അറിവിന് വിഷയമാണ് എന്നുള്ള തരത്തിൽ സുസംവേദ്യത പ്രതിബോധവിധ വ്യത്യസ്ത വക്യസ്ത അർത്ഥവും വണ്ണതേ ൗപത്മനു ബുദ്ധി സ്വരൂപ്യത്മാനം പശ്യതി സ്വയമേവാത്മന ആത്മാനം പുരുഷോത്തമ ഗീതയിലും മറ്റും പറയുന്നുണ്ട് ആത്മന ആത്മാനം മേധ ആത്മനെയ്വ ആത്മാനം പശി താൻ തന്നെ തന്നെ അറിയുക ആത്മാവിനാത്മാവിനെ അറിയുക അറിവ് അറിവിനെ അറിയുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആത്മാവിനെ അറിയുക ഇങ്ങനെയുള്ള സാധനം പറഞ്ഞു വരാറുണ്ടല്ലോ ഈ നിരുപാധികമായിരിക്കുന്ന അറിവിൽ ഉപാധികളെ കല്പിച്ചുകൊണ്ട് ഞാൻ മനസ്സ് തുടങ്ങിയ ഉപാധികളെ കൽപ്പിച്ചുകൊണ്ട് അതിനെ സവിഷയമാക്കുക സുസമേദ്യമാക്കുക നിർബാധികമായ ഒന്നിനെ സ്വാഭാവികമായി സവിഷയമാക്കുക അതും പൂർണമായും ശരിയല്ല സ്വാഭാവികം എന്ന് പറയുമ്പോൾ അത് കല്പനയാണ് സ്വാഭാവികമായി നമ്മൾ പറയുന്നു ഞാൻ എന്നെ അറിയുന്നു ഞാൻ എന്നെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്റെ വാസ്തവ സ്വരൂപത്തെ ആ വാസ്തവ സ്വരൂപമായ ഞാൻ അറിയുന്നു എന്നർത്ഥമല്ല എന്നിൽ തന്നെ കൽപ്പിച്ചിരിക്കുന്ന എൻ്റെ മനസ്സ് ബുദ്ധി തുടങ്ങിയ ഉപായങ്ങളിലൂടെ എന്നെ അറിയുന്നു ശുദ്ധമായ എന്നെ അല്ല ഇതിനോടെല്ലാം എന്നെ അറിയുന്നു അതൊന്നും ആത്മാവിനെ സംബന്ധിച്ച യഥാർത്ഥമായ അറിവല്ലേദ്യതയും ആത്മാവിനെ നിഷേധിക്കുക അങ്ങനെ ചിലർ പറയുന്നുണ്ടെങ്കിലും നതു നിരുപാധികത പരസംവേദ്യതംഭവതി ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആത്മാവ് നിരുപാധികമാണ് അതുകൊണ്ട് തന്നെ അത് ഏകവുമാണ് താൻ അന്യൻ പരൻ ഇങ്ങനെയൊന്നും അതിനകത്തില്ല നിർവാധികമായിരിക്കുന്ന ആത്മാവിനെ അറിയുന്നു വിദിതം എന്നതിനെ സംബന്ധിച്ച് പറയാൻ വയ്യ ഏകമായിരിക്കുക നിർബാധികമായിരിക്കുക അതിൽ സ്വസമ്മേദ്യത വരത്തില്ല താൻ തന്നെ തന്നെ അറിയുക മറിച്ച് മറ്റൊരുവൻ തന്നെ അറിയുക ഇത് രണ്ടും സംഭവിക്കുന്നില്ല പരസമേദ്യതയും സ്വസമ്മേദ്യതയും ഇല്ല അത് ആത്മാവിൽ സംഭവിക്കത്തില്ല ഇവിടെ ആ നിരുപാധികമായ തലത്തിൽ സ്വാഭാധികമായ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ തലത്തിൽ പറയുന്നു ഞാൻ എന്നെ അറിയുന്നു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെ നമുക്ക് അനുഭവമുണ്ട് അതെല്ലാം എന്താണോ കൽപ്പിതമായ ഭേദത്തെ ആശ്രയിച്ച് മനസ്സ് ബുദ്ധി തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ചിട്ടാണ് ആത്മാവ് സുസമേദ്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് സർവപ്രത്യേകളുടെയും പ്രത്യേകാത്മാവായി അതിൻ്റെ വാസ്തവ സ്വരൂപമായി അതിൻ്റെ വാസ്തവ സ്വരൂപം എന്നാണ് ബോധിപ്പിക്കുന്നത് അല്ലാതെ അതിനെ മറ്റു വിഷയങ്ങളെപ്പോലെ ഉപാധികൊണ്ട് കല്പിതമായ വിഷയങ്ങളെപ്പോലെ അതിനറിയാൻ വേണ്ടി പറയുകയല്ല അങ്ങനെ അറിയുന്നല്ല സംവേദന സ്വരൂപത്വം ആ സംവേദനാന്തരാപേക്ഷാജന സംഭവതി പറയും അതിന്റെ ആവശ്യമില്ല ഇവിടെ അത് സംവേദന സ്വരൂപമാണ് വെച്ചാൽ ഞാനും സ്വരൂപമാണ് അറിവ് തന്നെയാണ് അതുകൊണ്ട് സംവേദനാന്തരാപേക്ഷ മറ്റൊരറിവിന്റെ ആവശ്യമില്ല എന്ന സംഭവതി മറ്റൊരറിവിലൂടെ അതിനെ അറിയേണ്ട ആവശ്യം വരുന്നില്ല യഥാപ്രകാശപ്രകാശാന്തരപേക്ഷായാ എന്ന സംഭവം പ്രകാശം ഒരിക്കലും മറ്റൊരു പ്രകാശത്തെ അപേക്ഷിക്കുന്നില്ല അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അതുകൊണ്ട് ആത്മാവിനെ അറിഞ്ഞു ഞാൻ മറ്റ് ഉള്ളതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആത്മാവിനെ അങ്ങനെയല്ല വിശേഷിച്ചൊരറിവുണ്ട് ഞാൻ അറിഞ്ഞു എന്നെല്ലാം പറയുന്നത് തത്വത്തിന് വിരുദ്ധമാണ് എന്തുകൊണ്ടത് അറിവ് ആണ് അറിവിൻ്റെ സ്വരൂപമാണ് അറിൻ്റെ ആത്മാവിനെ അറിഞ്ഞു എന്നെല്ലാം പറയുന്നതിൻ്റെ താല്പര്യം എന്താണ് അത് അറിവിൻ ആണ് അറിവാകുന്ന സ്വരൂപമാണെന്നാണ് എന്നറിഞ്ഞു എന്നാണ് വിഷയത്വനെ അറിഞ്ഞു എന്നെല്ലാം അതുകൊണ്ടാണ് പ്രത്യേക പ്രത്യേകാത്മാ എന്ന് പറയുന്നത് പ്രത്യേക പ്രത്യേകാത്മാണെന്ന് പറയുമ്പോൾ ഈ നാനാ അറിവുകൾ ഒരു തരത്തിലും ഈ നാനാ അറിവുകളെ നിഷേധിക്കുകയും അപ്പോൾ അത് സമയം അത് കേവലം നിഷേധത്തിൽ അവസാനിക്കുന്നുമുണ്ട് അന്ന് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് കേവലൊരു നിഷേധം മാത്രമാണെങ്കിലും അത് അപൂർണമാകും നന അറിവുകൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ജീവനിൽ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ അറിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ആത്മാവ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന അറിവല്ല എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമല്ല അങ്ങനെ പറയുന്നത് ആത്മാവിൻ്റെ ശരിയായ വെളിപ്പെടുത്തലല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അതിനോടൊപ്പം പറയുന്നു ഈ എല്ലാ അറിവുകളുടെയും പ്രത്യേകാത്മാവായിരിക്കണം അതാണ് സംവേദന സ്വരൂപം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ അറിവിന്റെയും സ്വരൂപമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ അറിവിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല നമ്മളെ മനസ്സിൽ തോന്നുന്ന ഒരു നിഷേധമല്ല അവിടെ സംഭവിക്കുന്നത് അതിനെ പാടെ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ സ്വരൂപമെന്നങ്ങനെ പറയാൻ പറ്റും അതിന് പ്രസിദ്ധമായ ഉദാഹരണം ഇത് തന്നെ രജിസർപ്പന്യായം രജിസർപ്പന്യായത്തിൽ എന്താണോ ഇത് സർപ്പമല്ല എന്ന് നിഷേധിക്കുകയാണ് ആ സർപ്പമല്ല എന്ന് നിഷേധിക്കുമ്പോൾ വാസ്തവത്തിൽ അതൊരു പൂർണ്ണമായ നിഷേധമല്ല എന്തുകൊണ്ട് അവിടെ സർപ്പം എന്ന് പറയുന്നത് കയറ് തന്നെയാണ് കയറല്ലാതെ രണ്ടാമതൊന്നില്ല അതുകൊണ്ട് സർപ്പം അല്ല എന്ന് നിഷേധിച്ചാൽ അത് പൂർണ്ണമായൊരു നിഷേധമാകത്തില്ല എന്തുകൊണ്ട് അവിടെ സർപ്പമാണുള്ളത് അവിടെ കയറാണുള്ളത് സർപ്പമല്ല സർപ്പത്തിന്റെ പ്രത്യേക സ്വരൂപം എന്ന് പറയുന്ന കയറാണ് ആ സർപ്പത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന കയറാണ് അതിന്റെ സർപ്പത്തെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും ആ സർപ്പത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് കയറിന്റെ നിഷേധമായി പോകും എന്തുകൊണ്ട് അവിടെ കയറ് മാത്രമേ ഉള്ളൂ രണ്ടാമത് സർപ്പം എന്ന് പറയുന്ന ഒന്നില്ല അവന്റെ സർപ്പത്തെ നിഷേധിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ സർപ്പം അല്ല സർപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു പൂർണ്ണ നിഷേധമല്ല കാരണം അവിടെ നിഷേധത്തോടൊപ്പം വേറെ എന്തിനും അംഗീകരിക്കുന്ന എന്താണോ ആ സർപ്പം കയറി തന്നെയാണ് അപ്പം ആ നിഷേധത്തിലൊരംഗീകാരമുള്ളൂ സർപ്പത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ എന്താണോ അത് കയറാണെന്ന് പറയുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പടേ നിഷേധമല്ല എന്തുകൊണ്ട് നിഷേധിക്കുന്നുണ്ട് ആ പാടെ നിഷേധിക്കാൻ അങ്ങനെ വേറിട്ടൊരു വസ്തു അവിടെ ഇല്ല സർപ്പം എന്ന് പറയുന്ന ഒന്നുമില്ല ഇല്ലാത്തതിനെങ്ങനെ നിഷേധിക്കും അങ്ങനെ നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ എന്ത് പറയും ആ സർപ്പത്തിൻ്റെ ആത്മാവ് കയറാണ് എന്ന് പറയും അത് കയറി തന്നെയാണ് എന്നാണ് അപ്പോൾ ആ നിഷേധമെന്ന് പറയുന്നത് അതിൻ്റെ വാസ്തവത്തെ സമർത്ഥിക്കുകയാണ് സമ്മർദ്ദിക്കാൻ വേണ്ടിയിട്ടാണ് നിഷേധം അല്ലാതെ പൂർണ്ണമായൊരു നിഷേധമല്ല ഒരു തരത്തിൽ നമ്മൾ നിഷേധിക്കുമ്പോൾ വേറെ തരത്തിൽ നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ് സർപ്പത്തെ നമ്മൾ നിഷേധിക്കുമ്പോൾ സർപ്പത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് എങ്ങനെ അംഗീകരിക്കുന്നുവാണ് കയറായിട്ട് അംഗീകരിക്കുന്നു എന്തുകൊണ്ടത് വാസ്തവമാണ് കയറ് വാസ്തവമാണ് അപ്പോൾ ആ നിഷേധത്തിന് എന്താ അർത്ഥമുള്ളത് നിഷേധത്തിന്റെ ആത്യന്തികമായ അർത്ഥം എന്താണ് നിഷേധത്തിന്റെ അർത്ഥം അത് കയറാണെന്നുള്ളതാണ് അധികവിഞ്ഞ് നിഷേധത്തിന് വേറെ അർത്ഥമില്ല നിഷേധത്തിലൂടെ വസ്തുവിനെ ബോധിപ്പിക്കുകയാണ് കയറാണ് അല്ലാതെ രണ്ടാമതൊന്നിനെ അവിടെ നിഷേധിക്കുന്നില്ല അതുപോലെ ഇവിടെ സർവപ്രത്യകങ്ങളുടെയും പ്രത്യേകാത്മാ എന്ന് പറയുന്നു അല്ലെങ്കിൽ സംവേദന സ്വരൂപം എന്ന് പറയുന്നു അപ്പോ അവിടെ ഓരോ പ്രത്യയങ്ങളെയായിട്ട് നിഷേധിക്കുകയല്ല നിഷേധിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഓരോ പ്രത്യങ്ങളുടെയും ആത്മാവായിരിക്കുന്നു എന്നാണ് ഒന്നിനെ നിഷേധിക്കണമെങ്കിൽ അതിന്റെ ആത്മാവിനെ നിഷേധിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ സ്വരൂപത്തെ നിഷേധിക്കണം സ്വരൂപത്തെ നിഷേധിക്കാതെ ഒന്നിനും നിഷേധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ പ്രത്യേകങ്ങളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രത്യേകങ്ങളുടെ സ്വരൂപത്തെ നിഷേധിക്കുകയല്ല മറിച്ച് ആ പ്രത്യേകങ്ങളുടെ സ്വരൂപത്തെ സമർത്ഥിക്കുകയാണ് ഫലത്തിലവിടെ നിഷേധം ഇല്ലാതാകുകയാണ് അതിന്റെ സ്വരൂപം സംവേദന സ്വരൂപം യുകയാണ് അവിടെ നിഷേധിക്കാനായിട്ടൊന്നും ശേഷിക്കുന്നില്ല എന്ന് ചുരുക്കം എന്തുകൊണ്ട് ആ സംവേദനത്തിൽ നിന്നും നേരിട്ടൊന്നും നിലനിൽക്കുന്നില്ല നിഷേധിക്കാൻ മണ്ണിൽ നിന്നും മൺപാത്രത്തെ നിഷേധിക്കും പോലെയാണ് മണ്ണിൽ നിന്നും മൺപാത്രത്തെ നിഷേധിക്കുക എന്നു പറഞ്ഞാൽ എന്താണ് അവിടെ നിഷേധിക്കാൻ വേർക്കൊന്നുമില്ല മണ്ണേ ഉള്ളൂ നിഷേധിച്ചാൽ ഫലത്തിൽ എന്താവും അത് ആ മണ്ണിന്റെ അംഗീകാരമാണ് പുതുവായിട്ട് അവിടെ ഒന്നിനും നിഷേധിക്കാനില്ല എന്തുകൊണ്ട് ആ മൺപാത്രത്തിന്റെ ആത്മാവെന്ന് പറയുന്ന മണ്ണാണ് ആ മൺപാത്രത്തിന്റെ സ്വരൂപം എന്ന് പറയുന്ന മണ്ണാണ് അതുപോലെ സംവേദനം അത് നമ്മൾ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സംവേദനം അതായത് അനുഭവം എന്തിനെ സംബന്ധിച്ചായാലും ശരി പ്രാപഞ്ചികമായ ഏത് വിഷയങ്ങളെ സംബന്ധിച്ചായാലും ശരി അത് സദാ നിലനിൽക്കുന്ന ഒന്നാണ് ബോധം അതിൽ നിഷേധിക്കാനൊന്നുമില്ല അതിലെന്തിനെയെല്ലാം നിഷേധിച്ചാലും ആ സംവേദനം നിഷേധിക്കാൻ വയ്യാതെ ശേഷി ആർക്കും നിഷേധിക്കാൻ കഴിയാതെ ശേഷി സംവേദന സ്വരൂപം എന്ന് പറയും ഈ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ബോധം ആ ബോധത്തിൻ്റെ സ്വരൂപം അതാണ് പ്രത്യേകാത്മാറുന്നു ആ ബോധത്തിൻ്റെ സ്വരൂപം എന്നുള്ളിടത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കേവലമായ ഭ്രമം ആ ഭ്രമത്തെ ഇവിടെ നിഷേധിക്കുന്നുള്ളൂ ആ സ്വരൂപത്തെ നിഷേധിക്കാതെ തന്നെ അതുകൊണ്ട് പ്രതിബോധം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ ബോധത്തെ എല്ലാം നിഷേധിച്ചിട്ട് ഇതിനപ്പുറമുള്ള വേറൊരു ബോധത്തെ കണ്ടെത്തുന്ന കാര്യം പറയുകയല്ല എന്നാണ് ഇവിടെ പറയുന്നു നിലവിലുള്ള ബോധം തന്നെ ആ ബോധത്തെ സംബന്ധിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ എന്താണ് അത് സ്വസംവേദ്യമാണ് അല്ലെങ്കിൽ ഇനി വേറൊരു ബോധം കൊണ്ട് അതിനറിയേണ്ടതാണ് ഇങ്ങനെ അതിൽ വരാകുന്നുള്ള കൽപ്പനകളെ മാത്രമേ നിഷേധിക്കുന്നുള്ളൂ സർവകൽപ്പനകളിലും ഒരേ സംവേദനമാണ് നിലനിൽക്കുന്നത് ആ സംവേദനത്തിൽ നിഷേധിക്കുന്നുണ്ടോ അതാണ് സർവപ്രത്യദർശി എന്ന് പറയുന്നത് അത് സർവപ്രത്യങ്ങളുടെ ആത്മാവാണോ അതിന്റെ എങ്ങനെ സർവപ്രത്യങ്ങളെ നിഷേധിക്കാൻ പറ്റും ഒന്നിന്റെ ആത്മാവിനെ നിലനിർത്തിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് നിഷേധിക്കാൻ പറ്റും ആത്മാവെന്ന് പറയുന്നത് അതിന്റെ സ്വരൂപമല്ലേ അവിടെ നിഷേധിക്കുകയല്ല നിഷേധിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് ഇവിടെ സർവപ്രത്യങ്ങളുടെയും സ്വരൂപം അതിനെ ഈ നിഷേധത്തിലൂടെ വെളിപ്പെടുത്തുകയായി ചെയ്യുന്നു സംവേദന സ്വരൂപത്വ സംവേദനാന്തരപേക്ഷ തന്നെ സംഭവം ദേഷ്യം അതുകൊണ്ട് ഈ സർവപ്രത്യസ്വരൂപമായിരിക്കുന്ന ഈ സംവേദനത്തെ അറിയുന്നതിന് മറ്റൊരറിവിന്റെ ആവശ്യമുണ്ട് മറ്റൊരറിവിനെ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല ഇതിൽ സംഭവിച്ചിരിക്കുന്ന ബാഹ്യകൽപ്പനകൾ അന്യകൽപനകൾ അതിനെ നിഷേധിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അത് നിഷേധിക്കുമ്പോൾ തന്നെ അതിന്റെ വാസ്തവ സ്വരൂപത്തെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ കേവലമായ നിഷേധനമല്ല അങ്ങനെ നിഷേധിക്കുന്നില്ല നേതി നേതി എന്ന് പറയുന്നത് സാധാരണ നിഷേധാർത്ഥമല്ല അതും ഭാവാർത്ഥമാണ് ആ നിഷേധവും ഭാവത്തെ സമർത്ഥിക്കുകയാണ് ഭാവത്തെ വെളിപ്പെടുത്തുകയാണ് അതിൻ്റെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ് ഈ സർവപ്രത്യങ്ങളിലും ില്ലാത്ത ഒന്ന് അല്ലെങ്കിൽ സർവ അപ്പുറമുള്ള ഒന്നിനെ കണ്ടെത്താനല്ല ഇവിടെ പറയും എന്തുകൊണ്ട് അത് സർവപ്രത്യകങ്ങളുടെയും പ്രത്യേകാത്മാവാണ് സർവപ്രത്യകങ്ങളുടെയും സ്വരൂപമാണ് പ്രത്യേക നമ്മൾ അന്യായമായി കൽപ്പിക്കുന്ന കൽപ്പനകൾ ആ കൽപ്പനകളല്ല പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച് ഇനിയൊരറിവ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല പ്രകാശസ് പ്രകാശാന്തരപേക്ഷായ എന്ന സംഭവം അതൊരിക്കത് സംഭവിക്കത്തില്ല ആത്മാവിനെ സംബന്ധിച്ചുള്ള ഒരറിവ് അത് സംഭവിക്കത്തില്ല ആത്മാവിനെ സംബന്ധിച്ച് ഇനി ഒരറിവ് ഉണ്ടാകുകയില്ല പ്രകാശത്തിന് പ്രകാശിപ്പിക്കാൻ വേണ്ടി വേറൊരു പ്രകാശം എന്ന് പറയുന്നത് പോലെയാണ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ ആ പ്രകാശം അല്ലാതായിത്തീർന്നു അത് സംഭവിക്കത്തില്ല പ്രകാശത്തിനൊക്കെലും തൻ്റെ സ്വരൂപത്ത് വിടാൻ പറ്റത്തില്ല പ്രകാശത്തിനൊരിക്കലും പ്രകാശം അല്ലാതിരിക്കാൻ കഴിയില്ല അതങ്ങനെ ആയിപ്പോയി അതുപോലെ ഈ ആത്മാവിന് അറിവല്ലാതിരിക്കാൻ കഴിയില്ല അതറിവ് തന്നെയാണ് എന്താണ് അതിൻ്റെ സ്വരൂപം അത് അറിവ് തന്നെയാണ് ഈ അറിവിനെ അറിയാൻ ഒരറിവ് അതങ്ങനെ സംഭവിക്കും സ്വസംവേദ്യതാ അറിവിനെ മറ്റൊരറിവ് കൊണ്ടറിയുക അതൊന്നും സംഭവിക്കത്തില്ല അതാണ് പ്രതിബോധവിരുദ്ധം എന്ന് പറയുന്നത് അതിൻ്റെ ഇവിടുത്തെ നിഷേധമെന്ന് പറയുന്നതും നമ്മൾ ധരിക്കുന്നത് നമ്മൾ നമ്മൾ സാറിന പറയുന്നത് അങ്ങനെ പറയാറുണ്ട് അങ്ങനെ അല്ലാതെ അത് പറയാൻ നിവൃത്തിയില്ലാത്തോണ് പറയുന്നതാണ് മാറിക്കൊണ്ടിരിക്കുന്ന അറിവിൽ മാറാത്ത അറിവ് എന്ന് മറ്റു നമ്മൾ പറയാറുണ്ട് ശബ്ദപ്രയോഗം ഭക്ഷ്യതാരങ്ങൾ അതെങ്ങനെ പറയും മാറിക്കൊണ്ടിരിക്കുന്ന അറിവിൽ മാറാത്ത അറിവെന്ന് പറയുമ്പോ അവിടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അറിവിനെ പടയെ നിഷേധിക്കുകയല്ല അല്ല ഉദ്ദേശിക്കുന്നു അവിടെ നിഷേധാർത്ഥമല്ല എന്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന അറിവിൽ മാറാത്ത അറിവെന്ന് പറയുമ്പോൾ ആ അറിവിന്റെ ആത്മാവിനെ ബോധിപ്പിക്കുകയാണ് ആ അറിവിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ് ഒന്നിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ അതിനെ നിഷേധിച്ചിട്ട് അത് ബോധിപ്പിക്കാൻ സാധ്യമുണ്ട് പാടേ നിഷേധിച്ചിട്ട് സാധ്യമുണ്ട് പിന്നെന്താ നിഷേധിക്കുന്നത് അതിനെ സംബന്ധിച്ച് എന്തൊക്കെയോ കൽപ്പനകൾ വന്നുപോയി അതിന്റെ വാസ്തവ സ്വരൂപത്തെ സംബന്ധിച്ച് രജ്ജുവിനെ കുറിച്ച് എന്തൊക്കെയോ കൽപ്പനകൾ വന്നു അത് എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല എങ്ങനെയൊക്കെയോ സംഭവിച്ചു പോയി കൽപ്പനകൾ ആ കല്പനകളെ നിഷേധിക്കാന്ന് പറഞ്ഞാൽ ആ രജ്ജുവിനെ രജ്ജുവായി വെളിപ്പെടുത്തുക എന്നുള്ളതേയുള്ളൂ അതുപോലെ നാനാ അറിവുകൾ അതിനെ നിഷേധിക്കാന്ന് പറഞ്ഞാൽ അവിടെ ആ നാനാ അറിവുകളുടെ തന്നെ വെളിപ്പെടുത്തുകയാണ് ആ നാനാ അറിവുകളുടെ തന്നെ വാസ്തവ സ്വരൂപം അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുകയാണ് അത് മറ്റേതെങ്കിലും ഒരു അറിവ് കൊണ്ടുവന്നിട്ടല്ല പുതിയൊരറിവിനെ സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ആത്മാവ് പ്രത്യേകാത്മാവ് സർവപ്രത്യദർശിയായിരിക്കുന്നു പ്രത്യേക പ്രത്യേകാത്മാവായിരിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ചൊരു പുതിയ അറിവിനെ കൊണ്ടുവന്ന് ആ അറിവിൽ ആത്മാവ് വെളിപ്പെടുകയല്ല ആണ് പറഞ്ഞെന്താണിത് ഞാൻ വ്യാഖ്യാനിച്ച് തന്നെയാണ് ഇതിൻ്റെ താല്പര്യം മറ്റൊരു തരത്തിലും സ്വസംവേദ്യത പരിസമ്മേദ്യത ഇതൊന്നും ഇവിടെ ആവശ്യമുള്ള കാര്യമല്ല ആത്മാവ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന അറിവിന്റെ പ്രത്യേക സ്വരൂപവുമായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതല്ല സർവ്വ അറിവുകളുടെയും എന്തെല്ലാം ഇവിടെ അനുഭവപ്പെടുന്നുണ്ടോ അതിൻ്റെ എല്ലാം വാസ്തവ സ്വരൂപവുമായി സ്ഥിതി ചെയ്യുന്നു അറിവിന്റെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അറിവുകളുടെ വാസ്തവസുരവുമായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അതിനറിന്ന് പറയുന്നു ഈ അനുഭവപ്പെടുന്ന സർവ്വവിഷയങ്ങളുടെയും വാസ്തവസുരവുമായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ സത് സു പറയുന്നത് സത്തായും ചിത്തായും പരമാർത്ഥമായിരിക്കുന്നത് അതാണോ എന്തിനു നമ്മൾ നിഷേധിക്കുന്നു അതിന്റെ ആത്മാവായിരിക്കുന്നു അതാണ് പറഞ്ഞു വരുന്നത് നേതി നേതി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനും നിഷേധിക്കുന്നു അതായിരിക്കുന്നതാണ് ആത്മാവ് നിങ്ങൾ പറയാറുണ്ടെന്നാണ് ഈ ശരീരമല്ല എന്ന് പറഞ്ഞ് നമ്മൾ നിഷേധിക്കും ശരീരമല്ല ആത്മാവ് അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണോ ശരീരത്തിനപ്പുറമുള്ള എന്തോ വന്നു മനസ്സല്ല ആത്മാവ് മനസ്സിനപ്പുറമുള്ള എന്തോ വന്നു ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ചിന്ത പോകും ശരീരമല്ല ആത്മാവെന്ന് നിഷേധിക്കുന്നത് എന്തിനു വേണ്ടിയും അതാണ് ശരീരമായിരിക്കുന്നത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ശരീരമല്ലാന്ന് നിഷേധിക്കുമ്പോൾ ഏതൊന്നാണോ ശരീരമായിരിക്കുന്നതെന്ന് ബോധിപ്പിക്കുകയാണ് ശരീരത്തിൻ്റെ പ്രത്യേക സ്വരൂപമായിരിക്കുന്നത് ഏതാണോ ശരീരമായി അനുഭവപ്പെടുന്നത് മനസ്സല്ല ആത്മാവ് എന്ന് പറയുമ്പോൾ എന്താണോ മനസ്സെന്ന് പറയുന്ന ഒരു വസ്തുവിനെ പാടെ മാറ്റി മനസ്സിനപ്പുറം ഇരിക്കുന്ന ഒന്നും അങ്ങനെയല്ല ഏതാണോ മനസ്സായിരിക്കുന്നത് അതുകൂടെ പറയുന്നത് മനസ്സിൻ്റെ പ്രത്യേകമായിരിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകായിരിക്കുന്നത് നിഷേധങ്ങളുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തായി ഒന്നിനും നിഷേധിച്ചാലും നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതായിരിക്കുന്നത് അതാണ് ആത്മാവ് അതുകൊണ്ടാണ് അതിന് സർവാധാരം സർവാധിഷ്ഠാനം പ്രത്യേകിച്ച് സ്വരൂപം സർവാന്തരം എന്നെല്ലാം വിശേഷിപ്പിക്കുന്നു അതുകൊണ്ട് പ്രതിബോധം എന്നുള്ളതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം മറ്റൊരു തരത്തിലും അനുഗ്രഗ്രഹിക്കരുത് എന്ന് പറയുന്നു ഇവിടെ പറയുമ്പോൾ പ്രത്യേകിച്ച് ആ നിഷേധത്തിന്റെ താല്പര്യം എന്താണ് എന്ന് പറയുകയാണ് ആത്മാവിനെക്കുറിച്ച് ശ്രുതി അല്ലെങ്കിൽ ആചാര്യൻ എങ്ങനെയെല്ലാം വെളിപ്പെടുത്തിയാലും കേൾക്കുന്നവനായിട്ട് അവന്റെ സംസ്കാരം അനുസരിച്ച് ഇതിനെ ഗ്രഹിക്കത്തുള്ളു ഓരോരുത്തരെ സംബന്ധിച്ച് അവരവർ ഗ്രഹിച്ചിരിക്കുന്ന അവരെ സംബന്ധിച്ച് വരും അതാണ് അവന്റെ ആത്മാവ് അവരുടെ നാനാപക്ഷങ്ങൾ വരുന്നത് നേരത്തെ കാർക്കിയന്മാരുടെ പക്ഷം പറഞ്ഞു അടുത്ത ബൗദ്ധപക്ഷം പറയുന്നു ബൗദ്ധൻ ഭാഷികാരൻ സർവത്ര പറയുന്നതാണ് ബൗദ്ധൻ ബുദ്ധൻ്റെ അനുയായികൾ ബുദ്ധൻ എന്താണ് വെളിപ്പെടുത്തിയത് അത് അനുയായികൾ എങ്ങനെ ഗ്രഹിച്ചോ അതനുസരിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ബൗദ്ധന് മരത്തിലതാണ് ബുദ്ധനെങ്ങനെ വെളിപ്പെടുത്തിയാലും ശരിക്കും ബൗദ്ധന്മാർ ഗ്രഹിക്കുന്നത് അവരവരുടെ സംസ്കാരമനുസരിച്ചായിരിക്കും അതായിരിക്കും അവർ പ്രചരിപ്പിക്കുന്നത് അതാണ് ബുദ്ധൻ്റെ സിദ്ധാന്തമായി പിൽക്കാലത്തറിയുന്നത് അതുകൊണ്ട് ആ ബൗദ്ധപക്ഷത്തിൽ എന്താണ് സ്വസമ്മേദ്യതായ അവിടെ സ്വസമ്മേദ്യത ജ്ഞാനം ജ്ഞാനത്തെ അറിയുന്നു എന്ന് ബൗദ്ധന്മാർ പറയുന്നു അത് ഇനി ബുദ്ധന്റെ അഭിപ്രായത്തെ ഇവിടെ ഇപ്പോൾ ഭാഷകാരൻ പറഞ്ഞതുപോലെയും വ്യാഖ്യാനിക്കാം അദ്വൈവാദി എന്ന് ബുദ്ധനെ പറയുന്നു ബുദ്ധന്റെ അഭിപ്രായം എന്താണെന്ന് ഇവിടെ തീരുമാനിച്ചത് ബൗദ്ധന്മാരാണ് അനുയായികളാണ് അവർ പറഞ്ഞുകൊണ്ടാണത് സ്വസമ്മേദ്യമാണെന്ന് പറഞ്ഞു ഭാഷകാരൻ തന്നെ അദ്വൈതത്തെ വെളിപ്പെടുത്തുന്നതിന് ഭാഷയത്തെ രചിച്ചു ആ ഭാഷയത്തിന് അനേക വ്യാഖ്യാനങ്ങളുണ്ടായി ഓരോരുത്തരും അതിൽ അവരവരുടേതായ കാഴ്ചപ്പാടുകളെ കൊണ്ടുപോകുന്നു അതുപോലെ ബുദ്ധനെ സംബന്ധിച്ച് സംഭവിച്ചു അനുയായികൾ പല കാഴ്ചപ്പാടുകളും ഉണ്ടാണ് പരസ്പര വിരുദ്ധമായ ശൂന്യവാദവും ക്ഷണിക വിജ്ഞാനവാദവും പലതും വന്നത് പക്ഷങ്ങളിൽ വിജ്ഞാനവാദമനുസരിച്ച് നോക്കുകയാണെങ്കിലോ അവിടെ സ്വസമയത്തിൽ ജ്ഞാനം ജ്ഞാനത്തെ അറിയുന്നു ജ്ഞാന ക്ഷണികമാണ് ക്ഷണികമാണെങ്കിലും പൂർവജ്ഞാനം ഉത്തരജ്ഞാനത്തെ ഗ്രഹിക്കുന്നു ഉത്തരജ്ഞാനം പൂർവജ്ഞാനത്തെ ഗ്രഹിക്കുന്നു എന്നെല്ലാം പറയാം പക്ഷേ സ്വസമയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്ഷണഭങ്കുരത്വം നിരാത്മകത്വന്റെ വിജ്ഞാന സസ്യ ജ്ഞാനം ക്ഷണഭങ്കുരമാവും ഒരു ക്ഷണത്തിലുണ്ടാകുന്നു അടുത്ത ക്ഷണത്തിൽ നിശ്യമാകുന്നു നിരാത്മകമാവും അത് ശൂന്യതയിലേക്ക് നയിക്കും ദോഷങ്ങളുണ്ടാകുന്നു അത് സ്വീകരിക്കാൻ വയ്യ നിരാത്മകത്വം അത് നിർവചിച്ചാൽ ആത്മാവിനെത്തിച്ചേരും അതല്ലാതെ നിരാത്മകത എന്ന് പറയുന്നതിന് അർത്ഥമില്ല ആത്മാവിനെ നിഷേധിക്കുക അത് സാധ്യമല്ലായിരുന്നു അദ്വൈതി നേതി നേതി എന്ന് പറയും നിഷേധിക്കുമ്പോൾ ആ നിഷേധത്തിലൂടെ ആത്മാവിനെ അംഗീകരിക്കുകയും ആ നിഷേധത്തിലൂടെ ആത്മാവിനെ നിഷേധിച്ചു കഴിഞ്ഞാലും നിഷേധത്തിന് അർത്ഥമുണ്ടാവും കൽപ്പനയ്ക്ക് പോലും അതീതമായിപ്പോവും വിജ്ഞാനത്തെ സംബന്ധിച്ചത് അത് സാധ്യമല്ല നീ വിജ്ഞാതുഹു വിജ്ഞാദേഹ് വിപരിലോകോ വിദ്യത്തെ അവിനാശിത്വ വിജ്ഞാതാവ് നമ്മളീ എല്ലാത്തിനെയും അറിയുന്ന അറിവ് ഇനി ആ എല്ലാ അറിവുകളെയും അറിയുന്ന അറിവ് ഉള്ളിൽ സദാപ്രകാശിക്കുന്ന അറിവ് അതിൻ്റെ വിജ്ഞാതി അതിൻ്റെ ആത്മാവ് അതിൻ്റെ സ്വരൂപം അതിന് വിപരിലോഭം അതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല അവിനാശിയാണ് സർവനിഷേധങ്ങളെയും നിങ്ങൾ അറിവുകൊണ്ട് ഗ്രഹിക്കുന്നു സർവശൂന്യതയും അറിവ് ഗ്രഹിക്കുന്നു അറിവിനെങ്ങനെ ശൂന്യത സംഭവിക്കും എങ്ങനെ ഒന്നിൻ്റെ ആത്മാവിനെ നിഷേധിക്കാൻ കഴിയും ഒന്നിൻ്റെ സ്വരൂപത്തെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും അങ്ങനെ നിഷേധിച്ചാൽ ആ നിഷേധം അവസാനം തന്നിലെത്തിച്ചേരും തണിക്കെങ്ങനെ തന്നെ നിഷേധിക്കാൻ കഴിയും കാരണം താൻ നിലനിൽക്കുന്നുകൊണ്ടാണ് തനിക്ക് നിഷേധിക്കാൻ കഴിയുന്നത് എന്തിനെങ്കിലും അല്ലെങ്കിൽ സർവത്തെയും നിഷേധിക്കാൻ കഴിയുന്നു സർവത്തെയും നിഷേധിക്കുന്ന തന്നെ നിഷേധിച്ചാൽ അതാരാണ് നിഷേധിക്കുന്നത് അത് സാധ്യമല്ല അവിനാശിയാണ് സർവശൂന്യത എന്ന് പറഞ്ഞാൽ അത് അസ്തിത്വത്തിൽ ചെന്നയിക്കും സർവശൂന്യതയെയും നിലനിർത്തുന്ന അസ്തിത്വം അതറിവിലെത്തിച്ചേരും സർവ അശൂന്യതയും വിഷയമാക്കുന്ന അശൂന്യതയുടെ ആത്മാവ് ആ അറിവ് അതറിവിലെത്തിച്ചേരും അതിന് നിഷേധിക്കാൻ സാധ്യമല്ല നിത്യം വിഭും സർവകഥം അതുകൊണ്ടാണ് അതിന് നിത്യമാണ് വിഭുവാണ് സർവത്ര അനുസ്യൂതമായിരിക്കുന്നത് സർവാന്തരമായിരിക്കുന്നത് സവാേശ മഹാൻ അജ ആത്മാ അജരോ അമരോ അമൃതോ അഭയ ഇത്യാദ്യ ഹൃദയോപാധ്യേരൻ സവാ യേശ മഹാൻ അജ ആത്മാഹാനായിരിക്കുന്ന ആത്മാവ് സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ് അതെന്താണ് അജരനാണ് ഇവിടെ ജീർണതയില്ല അമരനാണ് അതിന് ക്ഷയം സംഭവിക്കുന്നില്ല അമൃതമാണ് മരണം സംഭവിക്കുന്നില്ല നിത്യമായി തന്നെ ഇരിക്കുന്നു അഭയമാണ് അവിടെ യാതൊരു വികല്പങ്ങൾക്കും നിലനിൽപ്പില്ല ഭയ സമ്പാധികളൊന്നും അവിടെ ഇല്ല അതിനാൽ തന്നിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ അതൊന്നും മഹാനായിരിക്കുന്ന അജനായിരിക്കുന്ന സ്വസ്വരൂപത്തിലല്ല എന്നെല്ലാവണം ശ്രുതി പറഞ്ഞ് ഇത്യാദ്യ ശ്രുതയോ ബാധ്യതൻ ഈ ശ്രുതിക്കെല്ലാം ബാധ വരും ശ്രുതി ബാൽ ചോട്ടെ എന്താ എന്ന് ചോദി ശ്രുതി ബാലച്ചോർ എന്താ തകരാൻ മുമ്പ് പറഞ്ഞ് തകരാറുകളെല്ലാം ആത്മാവിനെ നിഷേധിക്കേണ്ടി വരും സ്വയം തന്നെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിഷേധത്തിന് അർത്ഥമില്ലാതെ ശ്രുതിയെ ബാധിച്ചു കഴിഞ്ഞാൽ ആ ബാധയ്ക്ക് അർത്ഥമില്ലാതെ വരും അതാണ് അതിൻ്റെ ദോഷം അർത്ഥമില്ലാത്ത വാക്ക് പറയുന്നു എന്ന് വരും അതാരും ചെവിക്കൊള്ളത്തില്ല അതാണ് ശ്രുതിയെ ബാധിച്ചാൽ വരുന്ന ദോഷം എന്തുകൊണ്ട് ശ്രുതി സത്യത്തെ വെളിപ്പെടുത്തുകയാണ് ശ്രുതിയെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തെ നിഷേധിക്കുകയാണ് സത്യത്തെ നിഷേധിച്ചാൽ ആ വാക്കിനെന്താ അർത്ഥമുള്ള അതിനർത്ഥമില്ല ശ്രുതി ബാധിക്കും എന്ന് പറയുന്നത് പിന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അതൊരാൾ പറയുകയാണ് എന്താണ് ഞാൻ ഇല്ല ഞാൻ നിലനിൽക്കുന്നില്ല എന്നാൽ നമുക്ക് എന്നെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറയുന്ന പോലെയാണ് പിന്നെ ആ ചർച്ചയ്ക്ക് അർത്ഥമില്ല അവിടെ ചിന്തക്ക് വാക്കിനും വിലയില്ലാതെ വരും നിഷ്പ്രയോജനമാണ് അതിന്റെ ശ്രുതി ബാധിക്കാൻ പാടില്ല സത്യത്തിൻ്റെ വെളിപ്പെടലാണ് സത്യം സ്വയം വെളിപ്പെടുന്നതാണോ അതിനാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല തന്നെ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഭക്ഷ്യക്കാരൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് ശ്രുതി ബാധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നിരാത്മവാദം ശൂന്യവാദം അതെല്ലാം വരും കൽപ്പനകൾ മാത്രം സത്യത്തിൽ നിന്നുകൊണ്ട് അസത്യത്തെക്കുറിച്ചുള്ള കൽപ്പനകൾ ആ കൽപ്പനകളിലെല്ലാം ആ കല്പനകൾക്കെല്ലാം പ്രത്യേക സ്വരൂപമായിരിക്കുന്ന അതിനുഡാത്മാവെന്ന് പറയുന്നു ആ പ്രത്യേക സ്വരൂപത്തിലാണ് ഈ കൽപ്പനകളെല്ലാം നിലനിൽക്കുന്നത് എന്നാണ് ശ്രുതി പറയുന്നത് അതിനെ ആർക്കും എങ്ങനെ നിഷേധിക്കാൻ കഴിയും അതിനെ നിഷേധിച്ചാൽ തന്നെ നിഷേധിക്കലാവും തന്നെ നിഷേധിച്ചിട്ട് എന്താ പ്രയോജനം അതുകൊണ്ട് വിശേഷിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ അത് യുക്തിയുക്തമായ അനുഭവയുക്തമായ ഒരു ചർച്ചയാകത്തില്ല അതുകൊണ്ട് ശ്രുതിയെ നിഷേധിക്കുന്ന പാഴ്മയിലേക്ക് ഒരുങ്ങണ്ട എന്നാ പറയുന്നത് പിന്നെ ശ്രുതി അംഗീകരിച്ചുള്ള വീണ്ടും അതാണെങ്കിൽ വീണ്ടും ആകാം അതത്ത് പറയുന്ന പുനഃ പ്രതിബോധ ശബ്ദേനോ നിർനിമിത്തോ ബോധ പ്രതിബോധോ യഥാസുപ്തർത്ഥം പരിക്കൽപ്പയേന്തി എന്നു ചേട്ട് അങ്ങനെ പറയുന്നു നിർനിമിത്തമായ ബോധം പ്രതിബോധം യഥാസുപ്ത സുപ്തന്റെ ബോധം പോലെ അങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്നത് ഈ ജാഗ്രത്തിലെ ബോധം അല്ല സുപ്തിയിലെ ബോധമാണ് ആത്മാവ് അങ്ങനെ ചെല്ലു പറഞ്ഞള്ളേ ജാഗ്രത്തിലെ ബോധത്തെ നിഷേധിച്ച് സ്വപ്നത്തിലെ ബോധത്തെ നിഷേധിച്ച് ഈ രണ്ട് ബോധങ്ങളുമില്ലാത്ത സുപ്തിയിലെ ബോധമാണെന്ന് ചെല്ലാൻ ഇനി സ്വപ്തിക്ക് അപ്പുറമുള്ള സമാധിയിലെ ബോധമാണെന്ന് പറയും അതാണ് പ്രതിബോധം അങ്ങനെ പോകും മുമ്പ് പറഞ്ഞു എന്താണോ നിങ്ങൾ എന്തിനാണോ നിഷേധിക്കുന്നത് അതിന്റെ ആത്മാവാണ് അതിന്റെ സ്വരൂപമായിരിക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ പ്രതിബോധം ജാഗ്രത്തിനും സ്വപ്നത്തിനും ഉള്ളതല്ല സുഷുയിലേതാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്വരിയനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുതിയിലും ഇല്ലാത്ത ഇനി വേറൊരവസ്ഥയിലുള്ള ഒന്നാണ് തുരിയൽ എന്നുള്ള ധാരണ പോലെയുള്ള അബദ്ധം ആണത് സുഷുതിയിലെ പ്രത്യേകത എന്താണ് ഈ അറിവിൻ്റെ മാറ്റത്തെ അനുഭവിക്കാതെ അവിടെ അറിവ് നിലനിൽക്കുന്നു അതുകൊണ്ട് അതിനൊരു വിശേഷതയുണ്ട് മേന്മയുണ്ട് എന്താണ് ഈ അറിവിൻ്റെ ഈ പരിണാമങ്ങൾ മാറ്റങ്ങൾ ഇതൊന്നും അവിടെയില്ല അവിടെ നിവാദ ദീപം പോലും ചാഞ്ചല്യമില്ലാതെ അറിവ് പ്രകാശിക്കുന്നു അതുകൊണ്ട് അതാണല്ലോ പ്രതിബോധം മാറാത്ത ബോധം മാറ്റമില്ലാത്ത ബോധം യഥാസുപ്ത അതുപോലെ ഒന്നും അതാണ് പ്രതിബോധം സുഴ്ത്തിയെ മനസ്സിലാക്കിയിട്ട് അതുപോലെ മനസ്സിലാവും അതുപോലെ മാറാത്ത ബോധം ഇവിടെ പറയുന്ന എന്താണ് മാറാത്ത ബോധം എന്ന് പറയുന്നത് ശരിയല്ലേ അതീ മാറുന്ന ബോധത്തിൽ ഇല്ലാത്ത ഒന്നല്ല അത് തന്നെയാണ് ഈ മാറുന്ന ബോധത്തിന്റെ ആത്മാവാത് തന്നെയാണ് ഈ മാറുന്ന ബോധത്തെ പാടെയെന്ന് ഷേധിച്ചിട്ട് ഒരു മാറാത്ത ബോധം അതീ മാറുന്ന ബോധത്തിലൊന്നും ഇല്ലാത്തത് എന്നല്ല ഇവിടെ പറയുന്നു മാറുന്ന ബോധം എവിടെയാണ് നിൽക്കുന്നത് മാറാത്ത ബോധത്തിന് ആ മാറാത്ത ബോധത്തെ എവിടെ കാണണം അത് ഈ മാറുന്ന ബോധത്തിൽ തന്നെയുണ്ട് അതെന്താണ് ആ മാറുന്ന ബോധത്തിന്റെ ആത്മാവ് പ്രത്യേകാത്മാ ആ ഒരു ആശയത്തെ ഗ്രഹിക്കാതെ ഇതിനെ വിട്ടിട്ട് ഈ മാറ്റങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്ന സുഷുതി പോലെ അങ്ങനെ ധരിക്കണ്ട എന്നാണ് അതാണ് പ്രതിബോധശബ്ദേന നിർനിമിത്തോ ബോധ പ്രതിബോധ യഥാസുപ്തൃത്ഥം പരിഗണിന് ഇതിനെ ചില സമാധിയുമായിട്ടും ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നുണ്ട് സഹൃത് വിജ്ഞാനം പ്രതിബോധ ഇത്യവരെ അവരെന്താണ് വരുന്നത് സഹൃത് വിജ്ഞാനം അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കുക നിരന്തരമായ ധ്യാനം കൊണ്ട് സഹൃത് വിജ്ഞാനം അവിടെ ഒരു ജ്ഞാനമുണ്ടാകും ഈ ജ്ഞാൻ ആവർത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന ഞാൻ അതിന് സഹൃത് വിജ്ഞാനം പ്രതിബോധം അതാണ് പ്രതിബോധം എന്നുകൂടെ പറയുന്നു എന്ന് പറയുമ്പോഴെന്ത് എന്താ സംഭവിക്കുന്നത് ആ പ്രതിബോധം ഇപ്പോ ഇല്ല എന്ന് വരും സമ്പ്രജ്ഞാത സമാധിയിലൂടെ സമ്പ്രജ്ഞാത സമാധി അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിന്റെ ആവർത്തി ആവർത്തിയിലൂടെ അസംപ്രജ്ഞാതാവസ്ഥയിൽ എത്തിച്ചേരുന്നു അങ്ങനെയൊക്കെ കത്തിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ് ഇപ്പോ അതില്ല എന്ന് പ്രതിബോധം ഇപ്പോ ഇല്ല ില്ലാത്തവർ പ്രതിബോധത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു ഇനി ഉണ്ടാകുന്നവർ വിജ്ഞാനത്തെക്കുറിച്ചല്ല പ്രതിബോധമെന്ന് പറയുന്നു സദാ നിലനിൽക്കുന്ന ഒന്നിന് എങ്ങനെ കുറച്ച് കാലം നിത്യമായിരിക്കുന്ന ഒന്നിന് എങ്ങനെയാണ് സമാധി വരെ ഇല്ലാതിരിക്കാൻ കഴിയുക സമാധിയിൽ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ലെന്നല്ലേ പറയുന്നത് സമാധിയിൽ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകാം പലതരത്തിൽ സമാധി ഉണ്ടാകാം പലതരത്തിൽ ജ്ഞാനങ്ങളുണ്ടാകാം പക്ഷെ പ്രതിബോധം എന്ന് പറയുമ്പോൾ അത് സമാധിയിലുണ്ടാകുന്ന ജ്ഞാനത്തെ മാത്രം പറയുന്നതല്ല അതിനെയും പറയാം ആ സമാധിയിലുണ്ടാകുന്ന ജ്ഞാനത്തിൻ്റെ സ്വരൂപം ഇവിടെ ഈ സമയത്ത് ഈ ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനപ്രവാഹം അതിൻ്റെ സ്വരൂപം അതാണ് പ്രതിബോധം എന്നാണ് പറയുന്നത് അതിന് സഹൃത് വിജ്ഞാനമെന്നോ അസഹൃത് വിജ്ഞാനമൊന്നോ അതായത് ഈ അജ്ഞാനത്തെ എല്ലാം നശിപ്പിക്കുന്ന ഒരു ജ്ഞാനം എന്നോ അല്ലെങ്കിൽ ഈ അജ്ഞാനാവസ്ഥയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനന്തമായ ജ്ഞാനങ്ങളെന്നോ ഒന്നും മേറിഞ്ഞിരിക്കാൻ കഴിയത്തില്ല അതെല്ലാത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നു നിങ്ങൾ പറയുന്ന അപരോക്ഷജ്ഞാനം ചരമജ്ഞാനം അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്ന ആജ്ഞാനത്തിൻ്റെയും ഈ ഖണ്ഡവൃത്തി ഈ മാറുന്ന അറിവ് എല്ലാത്തിനും എല്ലാത്തിനും അറിവായിരിക്കുന്നതാണ് സംവേദന സ്വരൂപത്തിലിരിക്കുന്നതാണ് അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോയി ഉണ്ടാക്കിയെടുക്കുന്ന അറിവല്ല അത് പിന്നെ നമുക്ക് വേർതിരിക്കാൻ പോയി എന്താണ് അജ്ഞാനിയിലിരിക്കുന്ന അജ്ഞാനം ജ്ഞാനിയിലുണ്ടാകുന്ന ജ്ഞാനം അങ്ങനെ വേർതിരിക്കാൻ പോയാത പറഞ്ഞു ആത്മാവിന് ജ്ഞാനമെന്നോ അജ്ഞാനമെന്നോ ജ്ഞാനിന്നോ അജ്ഞാനിന്നോ വിഭേദമില്ല എവിടെയെല്ലാം സംവേദനം ഉണ്ടോ അവിടെയെല്ലാം അതിന്റെ സ്വരൂപമായിരിക്കുന്നു അവിടെയെല്ലാം അത് സത്തായിരിക്കുന്നു അവിടെയെല്ലാം അത് ആനന്ദമായിരിക്കുന്നു അതുകൊണ്ടാണ് അതിന് നിത്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണത് ഏകമെന്ന് പറയുന്നത് ജ്ഞാനിയിൽ സഹൃത വിജ്ഞാനമായിട്ടും അജ്ഞാനിയിൽ അസഹൃത വിജ്ഞാനമായിരുന്നാലതെങ്ങനെ ഏകമാകും അങ്ങനെ സത്താകും ഇത് ഏകവും സത്വാണെന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രതിബോധമെന്നുള്ളതിന് നിങ്ങൾ അലൗകീയമായ സമാധികളുണ്ടാകുന്ന ജ്ഞാനം എന്നെല്ലാം വ്യാഖ്യാനിക്കുന്നുണ്ട് അതൊന്നുമല്ല സമാധിയിൽ ജ്ഞാനുണ്ടായിക്കൊള്ളട്ടെ ആർക്കെങ്കിലും സമാധിയിൽ അപരോക്ഷമായ ഒരു ജ്ഞാനം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനത്തിനെല്ലാം നശിപ്പിക്കുന്ന ഒരു ജ്ഞാനം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ പ്രതിബോധം എന്നുള്ളതുകൊണ്ട് അതിനെ മാത്രം വിളിക്കാൻ കഴിയില്ല അത് എന്താണ് സഹൃത് വിജ്ഞാനം പ്രതിബോധ്യപരേ നിർനിമിത്ത സനിമിത്ത സകൃതുവാസൃത്വാ പ്രതിബോധിതിന്റെ ജ്ഞാനത്തെ നിങ്ങൾ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചാലും നിർനിമിത്തമായ ജ്ഞാനം അങ്ങനെയാണ് വിശേഷിപ്പിക്കും ഒരു നിമിത്തമില്ലാതിരിക്കുന്ന ഞാൻ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുതിയിലും സമാധിയിലും സർവത്ര ഏകരൂപത്തിലിരിക്കുന്ന ജ്ഞാനം സനിമിത്തമായ ജ്ഞാനം നിമിത്തത്തോടുകൂടിയിരിക്കുന്ന ജ്ഞാനം സമാധിയിലെ ജ്ഞാനം അത് സനിമിത്തമാണ് ജാഗ്രത്തിലെ ഞാനോ ഇതിനോരോ നിമിത്തങ്ങളുണ്ട് സ്വപ്നത്തിലെ ഞാനോ അതിന് നിമിത്തമുണ്ട് അസനിമിത്തമായ ജ്ഞാനമാണ് സകൃത്വാ അസഹൃത്വാ സകൃത്ജ്ഞാനം ഉണ്ടാകുന്നു സാക്ഷാത്കാര മറ്റും പറയുന്ന അസകൃത് ജ്ഞാനം ഇതാ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പ്രതിബോധമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നും അതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്താണോ സർവപ്രത്യ പ്രത്യേകാത്മാർവപ്രത്യമായിരിക്കുന്നതാണത് അത് ജ്ഞാനത്തിന്റെ സ്വരൂപമാണ് അജ്ഞാനത്തിന്റെ സ്വരൂപമാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ സ്വരൂപമാണ് ഭ്രാന്തിയുടെ സ്വരൂപമാണ് സർവത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നതാണ് വാസ്തവത്തിൻ്റെയും കൽപ്പനയുടെയും സ്വരൂപമാണത് അവരുന്ന പ്രതിബോധയെന്ന് പ്രതിബോധം എന്നേ പറയാൻ പറ്റും എന്നുവെച്ചാൽ സർവബോധസ്വരൂപം സംവേദന സ്വരൂപം അതാണ് പ്രത്യേകാത്മാവെന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അതിൽ നമ്മൾ ഓരോ കൽപ്പനകളെ സൃഷ്ടിച്ചിട്ട് ആത്മാവ് എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ആത്മാവിങ്ങനെ പ്രകാശിക്കുന്നു അങ്ങനെ പ്രകാശിക്കുന്നു എന്നെല്ലാം ഉള്ള നമ്മുടെ ആ കൽപ്പനകളെ അതിനെ നിഷേധിച്ചുകൊണ്ട് ഇവിടെ ബോധിപ്പിക്കുകയാണ് നിങ്ങളുടെ ആ സർവ്വകൽപ്പനകളുടെയും സ്വരൂപമായിരിക്കുന്നത് അതിനാണ് പ്രതിബോധം എന്ന് പറഞ്ഞിരിക്കുന്നു സർവകൽപ്പനകളും ആ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് അത് സഹൃതജ്ഞാനമായാലും അസഹൃതജ്ഞാനമായാലും പക്ഷെ ഇതിനെ സംബന്ധിച്ച് അദ്വേദികളിൽ തന്നെ പലതരത്തിൽ ചിന്തിക്കുന്നവരുണ്ട് അതിനെല്ലാം ഭാഗ്യമായി അംഗീകരിക്കുകയും ആത്യന്തികമായി നിഷേധിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത് നാനാകൽപ്പനകൾ ഇങ്ങനെയാകാം ഇങ്ങനെയാകാം എനിക്ക് കുറെയൊക്കെ അംഗീകരിക്കുന്നുണ്ട് ശരി അങ്ങനെ വരാം അപരോക്ഷമായൊരു ജ്ഞാനം ശരി അത് വരാം സർവജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഒരു ജ്ഞാനം അതും വരാം പക്ഷെ പ്രതിബോധമെന്ന് പറയുമ്പോൾ അങ്ങനെ വിശേഷിച്ചതെങ്കിലും ഒരു ജ്ഞാനത്തെ എടുക്കണ്ട സർവജ്ഞാനങ്ങളുടെയും ആത്മാവായിരിക്കുന്നു സർവജ്ഞാനത്തെയും നിഷേധിക്കുന്നത് അതിന്റെ സ്വരൂപത്തെ അംഗീകരിച്ചുകൊണ്ടാണ് കേവലം നിഷേധമാണ് സർവപാത്രങ്ങളെയും നിഷേധിക്കുന്നത് മണ്ണിനെ അംഗീകരിച്ചുകൊണ്ടാണ് കേവലം പാത്രങ്ങളും നിഷേധിച്ചിട്ട് എന്താ പ്രയോജനം കാരണം മണ്ണാണുള്ളത് അതിനെ ബോധിപ്പിക്കുക എന്നുള്ളതേ ആഭരണങ്ങൾ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സ്വർണത്തെ ബോധിപ്പിക്കുക എന്നേ ഉള്ളൂ നിന്ന് വേറിട്ടവിടെ ആഭരണങ്ങളില്ല പിന്നെ ആഭരണങ്ങളെ നിഷേധിച്ചിട്ട് എന്ത് കിട്ടാനാ സ്വർണം കിട്ടും അത് സ്വർണം ഏതെങ്കിലും പ്രത്യേകമായ ഒരു ആഭരണത്തിൽ മാത്രമുള്ളതാണെന്ന് പറയുന്നതിൽ അത് സർവ്വ ആഭരണങ്ങളിലും ഉള്ളതാണ് സർവ്വ ആഭരണങ്ങളുടെയും പ്രത്യേകിച്ച് സ്വരൂപമായിരിക്കുന്നതാണ് അതിൻ്റെ എല്ലാ ആത്മാവായിരിക്കുന്നതാണ് എന്താ ഈ ആഭരണങ്ങളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ചില കൽപ്പനകൾ സ്വർണ്ണത്തിൽ നിന്ന് വേറിട്ടെന്തോ ഒക്കെ ഉണ്ടെന്നുള്ള കൽപ്പനകൾ ബോധത്തിൻ്റെ ചില വികൃതികൾ അതിനു നിഷേധിക്കുന്നു നിഷേധിക്കുക എന്ന് പറയുമ്പോഴും വിശേഷം സംഭവിക്കുന്നില്ല അതിൻ്റെ വാസ്തവം എന്താണെന്ന് ബോധിപ്പിക്കുന്നു അതാണ് പ്രതിബോധം എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ മറ്റ് വിശേഷ ബോധത്തെ കൊണ്ടുവന്നിട്ട് ആ ബോധത്തെ വെളിപ്പെടുത്തുന്നു ധരിക്കരുത് അമൃതത്വം അമൃതത്വം ഹി വിന്ദ അത് അമൃതത്വം ആ മരണഭാവം സ്വാത്മിന്യവസ്ഥാനം മോക്ഷം ഹി യസ്മാന്ദതേ ലഭത്തെ സ്വാത്മിന്യവസ്ഥാനം അതാണ് അമൃതത്വം അമരണഭാവം എന്ന് പറയുന്ന അതാണ് വയ്ക്കാനും സ്വാത്മിന്യ അവസ്ഥാനം അതായത് വിജ്ഞാനങ്ങൾ നുഭവത്തിൽ ക്ഷണം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് അതിന്റെ മരണം അറിവിന്റെ മരണം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വിജ്ഞാന സ്വരൂപത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് വിജ്ഞാനം സദാ ഏകരൂപത്തിൽ വിജ്ഞാനമായി തന്നെ സ്ഥിതി അവിടെ എന്തോ മരണധർമ്മത്തെ ആരോപിക്കുകയാണ് വിജ്ഞാനം അമൃതമായി തന്നെയിരിക്കുന്നു അതാണ് സ്വാത്മസ്ഥിതി എന്ന് പറയുന്നത് അത് നമ്മൾ അതിനെ ജ്ഞാനമെന്ന് വിളിച്ചാലും ശരി അജ്ഞാനം എന്ന് വിളിച്ചാലും ശരി അതിന് മാറ്റം ഒന്ന് സംഭവിക്കുന്നുണ്ട് ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു സ്വാത്മന്യ പ്രസ്ഥാനം മോക്ഷം അതാണ് മോക്ഷം എന്ന് പറയുന്നത് യസ്മാന്ദതേ ലഭതേ സർവവിജ്ഞാനങ്ങളുടെയും സ്വരൂപം അത് തന്നെയാണ് മോക്ഷം അതാണ് ഇവിടെ ലഭിക്കുന്നത് യഥോക്താത് പ്രതിബോധാത് പ്രതിബോധവിദ്യുതാത്മകാത് തസ്മാത് പ്രതിബോധവിദിതമേവ് മതം അതുകൊണ്ട് പ്രതിബോധവിദ്യുതം അതാണ് ഇവിടുത്തെ മതം എന്ന് ആത്മാവിനെ നിശ്ചയിക്കുക എന്നോ പറഞ്ഞു ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അങ്ങനെ ധരിക്കുക അതിൽ വരുന്ന മറ്റു കല്പനകളെയെല്ലാം നിഷേധിച്ചുകൊണ്ട് അതിന്റെ സ്വരൂപത്തെ ധരിക്കുക ബോധസിഹിത്മാത്മാ ബോധസിഹി പ്രത്യക് ആത്മാധത്തിൻ്റെ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ബോധത്തിൻ്റെ പ്രത്യേകായിരിക്കുന്നത് അതിൻ്റെ വാസ്തവ സ്വരൂമായിരിക്കുന്നത് അത് തന്നെയാണ് ആത്മാവിനെയാണ് പ്രത്യേകാത്മാവെന്ന് പറയുന്നത് ആത്മവിഷേയിച്ച മതം അമൃതത്വം ചെയ്തു അങ്ങനെ ആത്മാവിനെ അറിയുക ആ രീതിയിൽ അറിയുക സർവപ്രത്യ പ്രത്യേകാത്മാവായി അറിയുക അതാണ് മോക്ഷത്തിനു ഹേതുമായിരിക്കുന്നത് ആ ജ്ഞാനം ആ ജ്ഞാനം ഈ സർവകൽപ്പനകളെയും നിഷേധിച്ചുകൊണ്ട് ഒരുവന് സ്വരൂപസ്ഥിതനാക്കുന്നു അതല്ല സംഭവിക്കുന്ന അവൻ്റെ ബോധത്തിൻ്റെ തലത്തിൽ ആ ബോധത്തിന്റെ തരത്തിലുള്ള ഭ്രാന്തികളിൽ നിന്ന് അവൻ മുക്തനായിത്തീരുന്നു അതുതന്നെ സ്വരൂപസ്ഥിതി സ്വരൂപസ്ഥിതി എന്ന് പറയുമ്പോൾ ഇവ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനോ അവിടെ ചെന്ന് സ്ഥിതി ഒന്നുമില്ല ആകാശത്തിലെ കാറുകളെല്ലാം വായുമ്പോൾ ആകാശം തെളിയുന്നു എന്ന് പറയുന്ന അവിടെ പ്രത്യേകിച്ച തെളിവ് സംഭവിക്കുന്നത് അതെപ്പോഴും തെളിഞ്ഞിരിക്കുക അതുപോലെ ഈ ഭ്രാന്തമായ കൽപ്പനകൾ നിന്നുള്ള മുക്തി അത്രയും അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് ജീവനെ സംബന്ധിച്ച് മുക്തി എന്ന് പറയുന്ന അത്രയും മുക്തം പ്രത്യേകിച്ച് അവിടെ പക്ഷേ ഈ കൽപ്പനകൾക്കൊരു ഉടമസ്ഥനും ബന്ധമോക്ഷ കൽപ്പനകൾ ആ കൽപ്പനകളുടെ ഉടമസ്ഥൻ സ്വന്തം ബന്ധമോക്ഷ കൽപ്പനകളിൽ നിന്നും സ്വതന്ത്രമാകും ആ കൽപ്പനകളാണ് മേഘങ്ങൾ അത് മാറുന്നു ഹി ആത്മനോ അനാത്മത്വം അമൃതത്വം ഭവതി ആത്മാവിന്റെ അനാത്മത്വം അത് അമൃതത്വേതുവല്ല എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സംബന്ധിച്ചുള്ള ഈ കൽപ്പനകൾ അതാണ് അനാത്മത്വം എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ച് വരുന്ന കൽപ്പനകൾ എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ബന്ധനത്തെക്കുറിച്ച് ആത്മാവിന്റെ മോക്ഷത്തെക്കുറിച്ച് എല്ലാം വരുന്ന കൽപ്പനകൾ ഈ കൽപ്പന എന്നാണ് ബന്ധനം രജുവിൽ വന്ന സർപ്പകൽപ്പനയാണ് അവിടുത്തെ ബന്ധനം ആ കൽപ്പനയിൽ മോചനം നേടുത കാരണം ആത്മനും അനാത്മത്വം അമൃതത്വം ഭൂതി ആത്മത്വാദ് എന്തുകൊണ്ട് ഇത് സർവകൽപ്പനകളുടെയും സ്വരൂപമാണ് ഇത് ബന്ധമാണ് ബന്ധനം ഉണ്ട് എന്ന് കൽപ്പിച്ചാലും മുക്തനാണെന്ന് കൽപ്പിച്ചാലും ആ കൽപ്പനകളുടെയെല്ലാം സ്വരൂപമായിരിക്കുന്നതിനത്മാവെന്ന് പറയുന്നു അങ്ങനെ ആത്മാവിനെ അറിയാനാണ് ആവശ്യപ്പെടുന്നത് ആത്മനും അമൃതത്വം നിർനിമിത്തമേവ പറയുന്നതിനോട് പ്രസംഗിച്ചിരിക്കുകയാണ് ആത്മാവിന്റെ അമൃതത്വം മോക്ഷം എന്ന് പറയുന്നത് നിർനിമിത്തമാണോ പരമാർത്ഥമായ കാര്യം പറയുകയാണ് മോക്ഷത്തിന് നിമിത്തമില്ല ആത്യന്തികമായി സർവത്തെ നിഷേധിക്കുന്നു അതാണ് ഇവിടെ ഗുരുവില്ല ശിഷ്യനില്ല ഉപദേശമില്ല അനുഭവമില്ല എന്നെല്ലാം പറയുന്നു എന്തുകൊണ്ടത് നിർനിമിത്തമാണ് ഒരു വസ്തുവിൻ്റെ സ്വരൂപം ഒന്നിനെ ആശ്രയിക്കുന്നില്ല അതിനെ ആശ്രയിക്കാൻ മറ്റൊന്നുമില്ല സർവവസ്തുക്കളുടെ ഈ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് എന്തിനെ ആശ്രയിച്ചെന്നുള്ള നിൽക്കും അഗ്നിയുടെ പ്രകാശം മറ്റെന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് മറ്റേതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചാണോ നിൽക്കുന്നതല്ല അത് അഗ്നിയുടെ സ്വരൂപം തന്നെ പ്രവാശം എന്ന് പറയും മറ്റൊന്നിനെ ആശ്രയിച്ചത് നിലനിൽക്കുന്നല്ല അങ്ങനെയാണെങ്കിൽ സർവപദാർത്ഥങ്ങളുടെയും സർവപ്രത്യങ്ങളുടെയും സ്വരൂപം എന്തിനെ ആശ്രയിച്ചിരിക്കും ഒന്നിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് അതുകൊണ്ട് പറയും നിർനിമിത്തം അതിന് നിമിത്തമല്ല അമ്പലത്വം നിർനിമിത്തമേവാ മോക്ഷത്തിന് കാരണമില്ല ഹേതുക്കളല്ല ചോദിക്കും ഒരു ഹേതുവിന്റെ ആത്യന്തികമായൊരു ഹേതുവുമില്ല ഉപദേശം വേണ്ടേ ഗുരു വേണ്ടേ സാധന വേണ്ടേ എന്ന് ചോദിക്കും മോക്ഷം ആത്മസ്വരൂപമാണോ അത് ഏകമാണ് അവിടെ ഭേദമില്ല ഭേദമില്ലെങ്കിൽ അവിടെ പിന്നെ ഗുരു ഉപദേശം സാധന ഒക്കെ ഇവിടെ നിൽക്കും ഏകമല്ല ഏകത്തിനങ്ങനെ വരും ആത്യന്തികമായ പാരമാർത്ഥികമായ സത്യത്തെ പറയുന്നത് നിറനിമിത്തമാണ് ഒന്നിനെ അപേക്ഷിക്കുന്നില്ല വേറെ രീതിയിൽ പറയുന്നത് സ്വതസിദ്ധമാണ് അത് തന്നെ പറയുന്നുള്ളത് കാര്യമല്ല കർത്തൃജന്യമല്ല കൃതിജന്യമല്ല നിത്യമാണ് എന്നെല്ലാം പറയുന്നത് തന്നെ എവിടെയും നിർനിമിത്തമാണ് മർത്യത്വം ആത്മനോ ഏത് അവിദ്യയോ അനാത്മത്വ പ്രതിപത്തി നേരെ മറിച്ച് മർത്യത്വം ഈ മരണധർമ്മം ഈ ബന്ധനം മോക്ഷമില്ലാത്ത ഈ അവസ്ഥ നമ്മൾ പരാതിപ്പെടുന്നുണ്ടോ ഞാൻ ബന്ധനസ്ഥനാണ് എനിക്ക് മോക്ഷം വേണം അത് നേടിയെടുക്കണം അതിന് ഞാൻ പല നിമിത്തങ്ങളെ ആശ്രയിക്കുന്നു ഇതെല്ലാം എന്താണ് ഇത് മോക്ഷമല്ല മർത്യത്വം ഇതെന്താണ് അവിദ്യയാ അനാത്മത്വപ്രതിപത്തി അവിദ്യ കൊണ്ടുവന്ന അനാത്മത്വ ബോധമാണ് സർവപ്രത്യ പ്രത്യേകാത്മാവായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ തൻ്റെ കൽപ്പനകളാണിതെല്ലാം അനാത്മത്വപ്രതിപത്തി അനാത്മത്വജ്ഞാനങ്ങൾ ഈ കൽപ്പനകളിങ്ങനെ നിലനിൽക്കെ ഈ കൽപ്പനകൾ മാറാതിരിക്കുക അല്ലെങ്കിൽ ഈ കൽപ്പനകളെ മാറ്റാൻ കഴിയാതിരിക്കുക നമ്മൾ എല്ലാത്തിനെയും ആശ്രയിക്കും നിമിത്തങ്ങളെല്ലാം ആശ്രയിക്കുന്നു ഉപദേശത്തെ ആശ്രയിക്കുന്നു ഗുരുവിനെ ആശ്രയിക്കുന്നു ശാസ്ത്രത്തെ ആശ്രയിക്കുന്നു സാധനെ ആശ്രയിക്കുന്നു എവിടെ ഈ അനാത്മത്വ പ്രതിപത്തിയിൽ അതൊക്കെ ആവശ്യമായി വരും അനാത്മത്വ പ്രതിപത്തി നിലനിൽക്കുന്നിടത്തോളം കാലം അതെല്ലാം ആവശ്യമായി തന്നെ ഇരിക്കുന്നു എന്തുകൊണ്ട് അവിദ്യയാവിദ്യ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് ഈ ബന്ധനം അതുകൊണ്ട് അവിദ്യയിൽ തന്നെ മോക്ഷത്തിനുള്ള ഉപായങ്ങളൊന്നല്ല രണ്ടിനും ആധാരം അവിദ്യയാണ് പരമാർത്ഥത്തിൽ നിർനിമിത്തമാണ് നിങ്ങൾ അവദ്യക്ക് അധീനനായി പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ് ഒരുവൻ അവിദ്യയ്ക്ക് അധീനനായി ബന്ധനത്തെ അനുഭവിച്ച് മോക്ഷത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവിനെ സമീപിച്ച് ഉപദേശം നേടി സാധനങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അയാൾ പരിപൂർണമുക്തനാണ് നിത്യമുക്തനാണ് അങ്ങനെ പറയുന്നതിന് താൽപ്പര്യം താൻ മുക്തനല്ലാത്തതുകൊണ്ടല്ല ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് മുക്തനല്ല എന്നുള്ള ഭ്രാന്തമായ കൽപ്പന കൊണ്ട് മാത്രമാണ് ആ കൽപ്പനയെ നിരാകരിച്ച് മുക്തിയെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ആ കൽപ്പനയുടെ നിരാകരണത്തിലൂടെ മുക്തി വെളിപ്പെട്ടില്ലെങ്കിൽ മുക്തിക്ക് വേണ്ടി എല്ലാ ഉപായങ്ങളെയും സ്വീകരിക്കുക എല്ലാ നിമിത്തങ്ങളെയും സ്വീകരിക്കുക പക്ഷെ ഒടുവിൽ ആ മുക്തി ഈ കൽപ്പനകളുടെ നിരാകരണത്തിലൂടെ സാധ്യമാകും എന്നുള്ള അവിദ്യയാ അവിദ്യ കൊണ്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അനാത്മത്വ പ്രതിപത്തി കഥും പുനഃ യഥോക്തയ ആത്മവിദ്യ അമൃതത്വം വിന്ധ്യതയെ ഇവിടെ പറഞ്ഞ ഈ ആത്മവിദ്യ ഉണ്ടെങ്കിലാണ് അമൃതത്വത്തെ നേടുന്നത് ആത്മനാ സ്വേനസ്വരൂപേണ വിന്യതയെ ലഭ്യത വീര്യം ബലം സാമർഥ്യം ഇവിടെ അമൃതം ആ വീര്യം സേന സ്വസ്വരൂപത്തിൽ ആർജിതമായ ഒന്നല്ല എന്തെങ്കിലും അഭ്യാസത്തിലൂടെ നേടുന്ന ഒന്നല്ല ധന സഹായ മന്ത്ര ഔഷധി തപ്പോ യോഗകൃതം വീര്യം മൃത്യം ന ശക്നോതി അഭിഭവതം മൃത്യും അഭിഭവതും ന ശക്നോതി അവപൃതത്വ വീര്യം ശക്തി എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം പറയുന്നു ധനം കൊണ്ടുണ്ടാകാം സഹായം മറ്റുള്ളവരുടെ സഹായം കൊണ്ടുണ്ടാകാം മറ്റ് വസ്തുക്കളുടെയോ വ്യക്തികളുടെയോ എന്തിന്റെ മന്ത്രം മന്ത്ര ഉപാസനയിലൂടെ നമുക്ക് വീര്യം ഉണ്ടാക്കാം ഓഷധി ഔഷധങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കാം തപസ് അതുകൊണ്ട് ബ്രഹ്മചര്യം പോലെയുള്ള തപസ്സുകൾ അതുകൊണ്ട് വീര്യത്തെ ഉണ്ടാക്കിയെടുക്കാം ശക്തി ഉണ്ടാക്കാം സാമർത്ഥ്യത്തെ ഉണ്ടാക്കാം യോഗം ചിത്തവൃത്തി നിരോധം പോലെയുള്ള സമാധി പരിശീലനം പോലെയുള്ള യോഗം കൃതം വീര്യം ഇതെല്ലാം കൊണ്ടുണ്ടാകുന്ന ഈ വീര്യം ഇതൊന്നും മൃത്യുവിനെ കീഴ്പ്പെടുത്താൻ പര്യാപ്തമല്ല ഇതൊന്നും മൃത്യുവിനെ നേരിട്ട് കീഴ്പ്പെടുത്താൻ കഴിയില്ല അഭിഭവത്തും എന്താണ് അവസ്തു കൃതത്വ പരവുമായ ആ വീര്യം ആ പരമാർത്ഥ വസ്തുവിലാണ് എങ്ങനെ ആത്മന അശ്വന രൂപേണ സർവവീര്യവും സ്വസ്വരൂപത്തിലാണ് സ്വസ്വരൂപത്തിൽ നിന്ന് ബാഹ്യമായി സ്വസ്വരൂപത്തിൽ നിന്ന് സ്വയം തന്നെ ചുതി സംഭവിച്ചിട്ട് സ്വന്തം കൽപ്പനകൾ കൊണ്ട് ഇതിൽ വീര്യത്തെ ഉണ്ടാക്കാൻ സാമർഥ്യത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സർവശ്രമങ്ങളും പാഴ്വേലെയാണോ അവസ്തുപ്രദത്വം ഇതൊന്നും പരമാർത്ഥമാണ് ഇതിൽ നിന്നൊന്നും വീര്യം ഉണ്ടാകത്തില്ലെന്നല്ലേ പറയുന്നു ഇതൊന്നും പരമാർത്ഥത്തിലുള്ള വീര്യമല്ല എന്നു പരമാർത്ഥത്തിലുള്ള സാമർഥ്യം എവിടെയാണ് ആത്മസ്വരൂപത്തിലാണ് അവിടെയാണ് സർവവീര്യവും സ്ഥിതി ചെയ്യുന്നത് സർവബലവും സാമർഥ്യവും സ്ഥിതി ചെയ്യുന്നത് മറ്റു അഭ്യാസങ്ങളിലൂടെ ഉണ്ടാകുന്ന ആ ശക്തി സാമർഥ്യം അത് മൃത്യുവിന് ജയിക്കുന്നതിന് നേരിട്ട് ഉതകത്തില്ല എന്നാണ് ആത്മവസ്തു അത് സ്വയം അത് സാമർഥ്യ സ്വരൂപമാണ് അതിന്റെ സ്വരൂപം തന്നെ സാമർഥ്യമാണ് അത് സ്വയം തന്നെ മൃത്യുവിനെ കീഴ്പ്പെടുത്തുന്നില്ലാതാക്കുന്നതാണ് അത് സ്വയം തന്നെ എന്താണ് അമൃത സ്വരൂപമാണ് സ്വയം തന്നെ അത് ബന്ധമോക്ഷങ്ങൾക്ക് ഉപരിയാണ് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച കൽപ്പനകൾ നിരാകരിക്കുക അതുമാത്രമേ ഉള്ളൂ അതിനപ്പുറം ഉള്ള ഒരു സാമർഥ്യത്തിനും മൃത്യുവിനെ നേരിട്ട് ജയിക്കാൻ സാധ്യമല്ല അതാണ് ആത്മന ബിന്ദതെ വീര്യം സ്വസ്വരൂപത്തിൽ ആണ് സർവവീര്യവും സ്ഥിതി ചെയ്യുന്നത് സ്വസ്വരൂപമാണ് മൃത്യുവിനെ നശിപ്പിക്കുന്നത് പ്രകാശമാണ് ഇരുട്ടിനെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു പായമില്ല ഇന്നു വരെ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു ഉപായത്തെ കണ്ടിട്ടില്ല മറ്റുപായങ്ങൾക്കല്ല അതിൻ്റെതായ ശക്തിയുണ്ട് യോഗ്യതയുണ്ട് പക്ഷെ അതിനൊന്നും ഇരുട്ടിനെ നശിപ്പിക്കാൻ പറ്റില്ല അതുപോലെ ഇവിടെ സ്വസ്വരൂപമായിരിക്കുന്ന ഈ ജ്ഞാനം അത് സർവമൃത്യുവിനെയും നിരാകരിച്ചിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് സർവത്തമസ്സിനെയും അത് നശിപ്പിച്ചിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് അത് സാമർഥ്യ സ്വരൂപമാണോ അത് മോക്ഷസ്വരൂപമാണോ എന്ന് സ്വസ്വരൂപത്തെ ഗ്രഹിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് അത് ഗ്രഹിക്കാതെയുള്ള ബാക്കിയുള്ള സർവ പ്രയത്നങ്ങളും പലതരത്തിലുള്ള സാമർഥ്യത്തെ ഉണ്ടാക്കുമെങ്കിലും അത് അന്ധതയെ നശിപ്പിക്കത്തില്ല അമൃതത്വത്തെ കൊടുക്കത്തില്ല ഇരണ്ന നശിപ്പിക്കത്തില്ല എന്നാണ് ആത്മവിദ്യ കൃതം തൊ വീര്യം ആത്മനേ വിന്തെ ആത്മവിദ്യ ആത്മവിദ്യ എന്താണ് ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുക ശ്രീ അങ്ങനെ പ്രകാശിപ്പിക്കും അതാണ് ആത്മവിദ്യ ഇന്നതല്ല ഇന്ന രീതിയിലല്ല ഇന്നതാണ് എന്നിങ്ങനെ അത് വെളിപ്പെടുത്തുന്നു ആത്മനായവ വിന്തതേ നാന്യേന അത് സ്വസ്വരൂപത്തിലുള്ള സാമർഥ്യമാണോ അത് അതിനെ ആത്മാവിനാൾ നേടുന്നു എന്ന് പറഞ്ഞാൽ ബാഹ്യമായ എന്തെങ്കിലും യജ്ഞം കൊണ്ടുവരുന്നതല്ല ആ വീര്യം ആ സാമ്പർത്തികസ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്തു അതിനുള്ള കൽപ്പനകൾ നിഷേധിച്ചാൽ മാത്രം മതി നാന്യേന ഇത്യതോ അനന്യസാധനത്വ ആത്മവിദ്യാവീര്യ ആത്മവിദ്യാവീര്യം മറ്റൊരു സാധനയും ആശ്രയിച്ചിരിക്കുന്നതല്ല നേരത്തെ പറഞ്ഞോ തപ്പോ യോഗങ്ങളെ കൊണ്ടും അത് നേടുന്നതല്ല അതിനെല്ലാം അതിൻ്റെതായ പ്രയോജനമുണ്ട് സദായവ വീര്യം മൃത്യു ശക്നോദ്യം തദൈവ വീര്യം ആ വീര്യം ആ വെളിച്ചം ഒന്നു മാത്രമേ ഇരളിനെ നശിപ്പിക്കത്തുള്ളൂ ഈ കൽപ്പനകളെ ശ്രുതി നിരാകരിക്കുന്നത് ഒന്ന് മാത്രമേ മോക്ഷത്തിനുപകരിക്കത്തുള്ളൂ യഥം ആത്മവിദ്യാകൃതം വീര്യം ആത്മനായോ ബിന്ദത്തെ ആത്മവിദ്യാകൃതമായ വീര്യം ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അതോ വിദ്യയ ആത്മവിഷയ ബിന്ദത്തെ അമൃതം അതുകൊണ്ട് വിദ്യയ ബിന്ദ അമൃതം ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ബലിപ്പെടുത്തുന്ന ശ്രുതിയുടെ ഈ വിദ്യ ശ്രൗതമായ വിദ്യ ഋഷിമാരുടെ അനുഭവ രൂപത്തിലുള്ള വിദ്യ അതുകൊണ്ടാണ് അമൃതം മിന്തതേ മോക്ഷത്തെ അതുകൊണ്ട് നേടുന്നു നായമാത്മാ ബലഹീനേന ലഭ്യാധർവണേ എന്താണ് ആത്മവിദ്യയുടെ ബലം കൊണ്ടാണോ ആത്മാവിനെ നേടുന്നത് മറ്റൊന്നും ഒരു ബലവും കൊണ്ടല്ല അത സമർത്ഥ ഹേതു അമൃതത്വം ഹിമിന് അതുകൊണ്ട് ആത്മവിദ്യ സമർത്ഥിക്കുകയാണ് എന്താണ് അതാണ് അമൃതത്വത്തിൽ ഉപകരിക്കുന്നത് ആത്മപ്രകാശമാണ് അന്ധതയില്ലാതാക്കുന്നത് ശ്രുതി ആത്മാവിന്റെ സ്വരൂപത്തെ എങ്ങനെയാണോ വെളിപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ആ വെളിപ്പെടലിലാണ് അമൃതത്വം കരഗതമാകുന്നത് അതെങ്ങനെ വെളിപ്പെടുത്തുന്നു ആത്മാവിനെ സർവ പ്രത്യേക പ്രത്യേകാത്മാവായ ശ്രുതി വെളിപ്പെടുത്തുന്നു അവിടെ അന്യമായ സർവകൽപ്പനകളും ധാരണകളും നിരാകരിക്കുന്നു ശേഷിക്കുന്നതാണ് അമൃതത്വം അങ്ങനെയാണ് അമൃതത്വത്തെ ഗ്രഹിക്കേണ്ടത് അപ്പൊ ഇവിടെ അമൃതത്വത്തിന് തടസ്സമായിരിക്കുന്നുവെന്ന് മാത്രം ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ് ഈ കൽപ്പനകൾ ഭാവനകൾ സങ്കല്പങ്ങൾ ഇതാണ് ആ അവയെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് ആത്മാവിനെ സർവപ്പെടുത്തിയ സ്വരൂപമായി ശ്രുതി വെളിപ്പെടുത്തുന്നു ആ ശ്രുതിയുടെ വെളിപ്പെടൽ ഒരുവനൻ സർവകൽപ്പനകളെയും നിഷേധിക്കുന്നതിന് ഉള്ള സാമർഥ്യമായി തീരുമ്പോൾ അതാണ് ആത്മാവിന്റെ സാമർഥ്യമെന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അവൻ ഇവിടെ പറയുന്ന അമൃതത്വത്തെ നേടുന്നു അതിനപ്പുറം മറ്റ് സാമർഥ്യങ്ങളൊന്നും തന്നെയാണ് അതിന് നേരിട്ട് സഹായിക്കുന്നുണ്ടാവും മറ്റ് സാമർഥ്യങ്ങൾക്കെല്ലാം അതിൻ്റെതായ പ്രയോജനമാണ് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും അതിൻ്റെ സാമർഥ്യമാണ് അതുപോലെ ഓരോ തപ്പോയോഗങ്ങൾക്കെല്ലാം അതിൻ്റെതായ സാമർഥ്യങ്ങൾ പ്രയോജനങ്ങളുണ്ട് അമൃതത്വം അതുകൊണ്ടല്ല അത് പ്രതിബോധ വിദമായിരിക്കുന്ന സ്വസ്വരൂപത്തിൻ്റെ പ്രകാശനത്തിൽ സംഭവിക്കുന്നതാണ് അതിന് കൽപ്പനകളുടെ നിരാകരണമാണ് നിരാകരണത്തിലൂടെ സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു ശ്രുതി ശ്രുതി അതാ ചെയ്യുന്നത് ശ്രുതി ഒരു ജീവനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണ് ഉപദേശരൂപത്തിൽ അത് അവൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള അവൻ്റെ എല്ലാ ഭ്രാന്തമായ കൽപ്പനകളെയും നിഷേധിക്കുന്നു നിഷേധിച്ചാൽ ആ കൽപ്പനാരഹിതമായി അവൻ്റെ സ്വരൂപം പ്രകാശിക്കുന്നു അതാണ് ശ്രുതി വെളിപ്പെടുത്തുന്ന അമൃതത്വം മുഖ്യമായ അമൃതത്വം അതാണ് അതുകൂടെ പറയുന്നു പ്രതിബോധ വിജിതം മതം ും ആത്മന വി മൃതം